അതായത് ദേഹോഹം എന്നുള്ള ബോധമുണ്ട് ദേഹോഹം ഞാൻ ദേഹമാണ് പറയുന്നത് എന്താണ് ഇത് ഭ്രാന്തിയാണെന്ന് ആത്മാവിൻ ദേഹബുദ്ധി ദേഹോഹം എന്നുള്ള ബുദ്ധി പ്രപഞ്ച ബോധം ഇതൊക്കെ ഭ്രാന്തിയാണെന്നാണ് ഭ്രാന്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തിയുള്ള ഒരു നിയമമുള്ളത് രജുവർപ്പത്തെ കാണും ശുദ്ധീരേതത്തെ പറയഷ്ഠാന ജ്ഞാനം ഉണ്ടാവും ഇപ്പോൾ ഭ്രാന്തി ഉള്ള സമയത്ത് ഭ്രാന്തി മാറിയിട്ടല്ല യുദ്ധ രജിതം എന്നുള്ള ജ്ഞാനം ഉണ്ടാകുമ്പോൾ ആ ഭ്രമം ഉണ്ടാകുമ്പോ യുധം എന്ന് അധിഷ്ഠാനത്തെ അറിയും അധിഷ്ഠാനത്തെ അറിഞ്ഞാലേ ഭ്രാന്തി ഉണ്ടാവും അപ്പൊ ഈ ജഗതത്തിന്റെ ഭ്രാന്തി ആത്മാവിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭ്രാന്തിയുള്ള സമയത്ത് തന്നെ ആത്മജ്ഞാനം ഉണ്ടാവണം ജ്ഞാനിക്കല്ല ഇതനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആത്മാവിന്റെ ജ്ഞാനവും ഉണ്ടാവും എന്ന് അന്തു പറയേണ്ടി വരും അല്ല ആത്മജ്ഞാനം ജ്ഞാനിയുടെ ആത്മജ്ഞാനെ കുറിച്ചല്ല പറയുന്നു എപ്പോഴാണോ ഈ ദേഹബുദ്ധിയുള്ളത് അപ്പത്തന്നെ ആത്മാവിന്റെ ബോധവും ആത്മാവിന്റെ അനുഭവം ഉണ്ടാവും എന്ന് അന്ത്യക്ക് പറയേണ്ടി വരും അങ്ങനെ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അപ്പോ ചോദിക്കും ഈ ആത്മാവ് ഇപ്പൊ ഒരാൾ പറയുന്നത് ഇതൊക്കെ ഭ്രാന്തിയാണ് എന്ന് പറഞ്ഞാൽ എവിടെ ആത്മാവ് അപ്പൊ നിങ്ങൾക്ക് ആത്മാവിന്റെ ബോധമുണ്ട് രഹിതത്തെ ഇതെന്നറിയുന്ന പോലെ കയറിനെ ഇതെന്നറിയുന്ന പോലെ ആത്മാവിനെ കുറിച്ചുള്ള ബോധമുണ്ടോ ആത്മാവിനെ കുറിച്ച് ബോധമുണ്ടെന്ന് എന്നെ അദ്വുതിക്ക് പറയേണ്ടി അപ്പൊ ആത്മാവ് അവിടെ ജ്ഞാനത്തിന്റെ വിഷയമാണോ എന്നാണ് ആത്മാവോ കുറിച്ച് ബോധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം ആത്മാവ് ജ്ഞാനത്തിന് വിഷയമാണോ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെ പറയാം ഞാൻ ആത്മാവിനെ അറിയുന്നു എന്നാണ് പറയുന്നതിൻ്റെ ആത്മാവ് ജ്ഞാനത്തിന് വിഷയമുണ്ടാവുന്ന അത് പറയുന്ന എങ്ങനെയാണ് ഞാൻ പറയുന്നത് ഞാൻ ആത്മാവിനെ അറിയുന്നു എവിടെയാണോ ഈ പ്രപഞ്ചത്തിന്റെ ഭ്രാന്തി ഉള്ളത് അതാണ് ആത്മാവ് ആ ആത്മാവിനെ ഞാൻ അറിയുന്നു എന്ന് പറയേണ്ടത് എന്ന് വെച്ചാൽ ജ്ഞാന വിഷയമായിരിക്കുന്നു എന്ന് പറയുന്നു അത് ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാണ് പുസ്തകത്തെ ഞാൻ പുസ്തകത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം പുസ്തകം ജ്ഞാനത്തിന് വിഷയമാണ് പുസ്തകം എന്ന് പറയുന്നത് വിഷയമാണ് പോലെ ഒരാൾ പറയുകയാണ് ഞാൻ ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ അടുത്തെന്താണ് ആത്മാവ് എന്റെ അറിവിന് വിഷയമാണ് അപ്പോ ആത്മാവിന് വിഷയത്തുണ്ടരും അത് അങ്ങനെ വരും ഒരു ചോദ്യം വരുന്നത് എന്നില് ജ്ഞാനമുണ്ട് ഞാൻ ആത്മാവിനെ അറിയുന്നു അപ്പൊ ഈ ഞാനെവിടെയിരിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ ആത്മാവിനെ അറിയുന്നു ആത്മാവ് അറിവിന്റെ വിഷയമാണ് അപ്പോ ഈ ഞാനെവിടെയിരിക്കുന്നു അത് പറയേണ്ടി വരും ഞാൻ ആത്മാവിനിരിക്കുന്നു ഞാനും ആത്മാവിലല്ല വേറെടുത്തും ഇരിക്കാൻ പറ്റില്ലല്ലോ ഞാനും ആത്മാവിൽ ഇരിക്കുന്നു എന്ന് പറയേണ്ടി ജ്ഞാനത്തിന് വേറെടുത്ത് ഇരിക്കാൻ പറ്റില്ല ജ്ഞാനം എന്ന് പറയുന്നത് പുസ്തകത്തിനും മേസ അപ്പോ ആത്മാവിലിരിക്കുന്ന ജ്ഞാനത്തിന് വിഷയമായി എന്ത് ആത്മാവ് ആത്മാവിലിരിക്കുന്ന ജ്ഞാനത്തിന് വിഷയമാകുന്നു ആത്മാവ് ആത്മാവിൽ ജ്ഞാനം ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഗർഗീയന്മാരും മറ്റും പറയുന്നത് ആത്മസമേതമായി ജ്ഞാനം ഇരിക്കുന്നു ആത്മാവിൽ ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി ആത്മാവിൽ സമവേതമായിരിക്കുന്ന ജ്ഞാനത്തിന് വിഷയമായത് ആത്മാവ് തന്നെ ആത്മാവിന് സമതഭേദമായിരിക്കുന്ന ഞാനെന്ന് പറയുമ്പോ ആത്മാവിന്റെ ജ്ഞാനം ആത്മാവിന്റെ ജ്ഞാനം കൊണ്ട് ആത്മാവിനെ അറിയുന്നു അപ്പൊ ഞാൻ ആത്മാവിനാണ് ഇരിക്കുന്നത് അപ്പൊ അറിയുന്നവനാരായി ആത്മാവ് അറിയുന്നതിനെ ആത്മാവിനെ കാരണം അറിവ് ആത്മാവിൽ ഇരിക്കുന്നതുകൊണ്ട് അറിയുന്നവൻ ആത്മാവായി അറിയുന്നതും എന്തിനാ തന്നെ ആത്മാവിനെ തന്നെ അങ്ങനെ ഒരു പ്രശ്നം വരും അപ്പൊ ഞാൻ അറിയുന്നവൻ എന്ന് ഞാൻ ആത്മാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അറിയുന്നവനാണ് അപ്പൊ എന്തായി ആത്മാവ് കർത്താവായി അറിയുന്നവൻ റിയുക എന്ന് പറയുന്ന ഒരു ക്രിയാണ് ഒരു പ്രവൃത്തിയാണ് അറിയുക ജ്ഞാനക്രിയ ആ പ്രവൃത്തി ചെയ്യുന്നവനായ ആത്മാബന്ധായി കർത്താവായി പിന്നെ എന്തിനെ അറിയുന്നു ആത്മാവിന് അപ്പോ ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് ആ ക്രിയയെ സംബന്ധിച്ച് കർമ്മമായി ആത്മാവ് തന്നെ ജ്ഞാനക്രിയയെ സംബന്ധിച്ചെന്തായി കർമ്മമായി ഞാൻ അറിയുന്നവൻ എന്ന് പറയുന്നത് ആത്മാവ് ആ ജ്ഞാനക്രിയയെ സംബന്ധിച്ച് കർത്താവായി ഞാൻ ആത്മാവിനെ അറിയുന്നു എന്ന് പറയുന്നോണ്ട് ആത്മാവ് ഇതൊക്കെ ഒരാത്മാവാണ് ആ ജ്ഞാനക്രിയയെ സംബന്ധിച്ച് എന്തായി കർമ്മമായി അപ്പോ ഓരോ ആത്മാവ് എല്ലാ കർത്താവും കർമ്മമാകും എന്ന് പറഞ്ഞു ഒരാത്മാവ് തന്നെ കർത്താവ് ആത്മാവും എങ്ങനെയാണെങ്കിൽ ആത്മാവിൽ സംവേതമായിരിക്കുന്ന ആ ജ്ഞാനത്തിന് വിഷയമാണ് ആത്മാവെന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ വിഷയമാണ് ആത്മാവെന്ന് പറഞ്ഞാൽ ആത്മാവിൽ സമവേദമായിരിക്കുന്ന ആത്മാവിനോട് ചേർന്നിരിക്കുന്ന ആ ജ്ഞാനക്രിയക്ക് വിഷയമാണ് ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് തന്നെ ആത്മാവിൽ ജ്ഞാനക്രിയ നടക്കുന്നുണ്ട് ആത്മാവ് കർത്താവുമായി ആത്മാവ് ആ ജ്ഞാനക്രിയയിലൂടെ തന്നെ തന്നെ അറിയുന്നുണ്ട് ആത്മാവ് കർമ്മവുമായി അപ്പോൾ ഒന്നിൽ ഒന്ന് തന്നെ കർത്താവും കർമ്മവുമാവും ഇത് ലോകത്ത് നടക്കുന്ന കാര്യമാണ് ഒന്നു തന്നെ കർത്താവും കർമ്മവും ആകാൻ പാടില്ല ഇത് എപ്പോഴാണ് വരുന്നത് ആത്മസമേത ജ്ഞാനക്രിയക്ക് വിഷയമാണ് ആത്മാവെന്ന് പറഞ്ഞാൽ അവിടെ ആത്മാവ് കർത്താവും ആവും കർമ്മവും അങ്ങനെ വരാൻ പാടില്ല അങ്ങനെ വരുമെന്ന് പറഞ്ഞ ഞാനാണ് പറയുന്നത് കർമ്മ കർത്തൃവിരോധം കർത്തവും കർത്താവും കർമ്മവും ഒന്നാകുന്ന വിരോധം സംഭവിക്കാൻ പാടുന്നു എന്തുകൊണ്ടാണ് അത് ലോകത്തിന്റെ ഒരു നിയമമുണ്ട് എപ്പോഴും കർമ്മം എന്ന് പറയുന്നത് പരസംവേദക്രിയാണ് അപ്പൊ കർമ്മത്തിൽ നിന്ന് എപ്പോഴും ഭിന്നനായി കർത്താവ് ഉദാഹരണം പറഞ്ഞാൽ ചൈത്ര ഗ്രാമം ഗച്ഛരി ചൈത്ര കർമ്മത്തിൽ നിന്നും ഭിന്നമാണ് ചൈത്രൻ കർമ്മം ഗ്രാമമാണ് ആദ്യം അറിയണം കർത്താവ് എന്ന് പറഞ്ഞു കർമ്മത്തിൽ നിന്നും ഭിന്നനായിരിക്കുന്ന ചൈത്രൻ ആയി ചൈത്രനിൽ ക്രിയ ഗമനക്രിയ അതാണ് പരസംവേദം ചൈത്രനിൽ ഇരിക്കുന്ന ക്രിയെന്നർത്ഥം ആ ക്രിയ കൊണ്ട് സംഭവിക്കുന്നത് എന്താണ് ഗ്രാമത്തിന്റെ പുറത്ത് നിന്ന് ചൈത്രം നടന്ന് നടന്ന് ഗ്രാമത്തിലെത്തിച്ചേരുമ്പം ചൈത്രനും ചൈത്രന്റെ പാദങ്ങളും ഗ്രാമവുമായിട്ട് സംയോഗം വരും അതാണ് എന്റെ ക്രിയാഫലം എന്ന് പറയുന്നത് ക്രിയാ എന്ന് പറയുന്ന ചൈത്രന്റെ ശരീരത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗമനക്രിയ ആ കിയുടെ ഫലമെന്ന് പറയുന്നത് ചൈത്രന്റെ കാലെപ്പോഴാണോ ഗ്രാമത്തിൽ പതിയുന്നത് അപ്പോൾ വരുന്ന സംയോഗം സംയോഗം ചൈത്രന്റെ കാലും ഗ്രാമവും തമ്മിലുള്ള ബന്ധം സംയോഗമാണ് ആ ബന്ധത്തിന് പ്രത്യേകത അത് ഉപയോഗമാണ് ചൈത്രൻ ഗ്രാമത്തിൽ ബന്ധം ഗ്രാമത്തിനും ചൈത്രനും അപ്പോൾ ചൈത്രിൽ വരുന്ന ബന്ധത്തെ എടുക്കരുത് അതുകൊണ്ടാണ് പറഞ്ഞത് പരസമവേത ചൈത്രിലിരിക്കുന്ന വീടെ ഫലമായി വരുന്ന ഗ്രാമസംയോഗം എവിടെ വരുന്നോ ഫലശാലി ഗ്രാമത്തെടുക്കുന്നു അതാണ് കർമ്മം അപ്പം എപ്പോഴും എന്തായിരിക്കും കർത്താവ് വേറെയായിരിക്കും കർമ്മം അങ്ങനെ വരാൻ പാടും പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ പറയുന്നത് ആത്മസ്വമേതമാവിന് വരുന്നുണ്ട് ആത്മസ്വമേതെന്ന് പറയുമ്പോൾ ആത്മാവ് കർത്താവായി ജ്ഞാന വിഷയത്വ ആത്മാവിന് വരുന്നു പറയുമ്പോ എന്ത് ചെയ്തു ഏ കർമ്മ എന്നുവെച്ചാൽ അവിടെ പറയാണ് ഞാൻ ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞ ഏതു വർഷം ഞാൻ ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞ ദോഷം ആത്മാവ് തന്നെ കർത്താവുമായി ആത്മാവ് തന്നെ കർമ്മവുമായി അങ്ങനെ വരാൻ പാടില്ല മറ്റേത് ശരിയാണ് ചൈത്ര ഗ്രാമം ഗച്ചറി എന്ന് പറയുന്നടുത്ത് ചൈത്രം കർത്താവാണ് ഗ്രാമം കർമ്മമാണ് അങ്ങനെ വരാൻ പാടുള്ളൂ കാരണം ഒരു കർത്താവ് ഒരു ക്രിയ ഒരു കർമ്മ ഈ മൂന്നുള്ള സ്ഥലത്ത് കർത്താവും കർമ്മവും വേറെ വേറെ തന്നെ ഞാൻ ആത്മാവിനെ അറിയുന്നു എന്ന് പറയുന്നിടത്തും ഒരു കർത്താവുണ്ട് ഞാൻ ആത്മാവ് ക്രിയുണ്ട് അറിയുക കർമ്മമുണ്ട് അതും ഞാൻ ആത്മാവ് തന്നെ അങ്ങനെ വരാൻ പാടില്ല അതാണ് ആത്മസമേഹിത ജ്ഞാന വിഷയത്തും ആത്മാവിൽ വന്നാൽ വരുന്ന ദോഷം അപ്പോ ഇതൊക്കെ ഭ്രമമാണോ ഈ ഭ്രമസമയത്ത് ആത്മാവിനറിയുന്നു ചോദിച്ചാൽ അറിയുന്നു അപ്പോ ആത്മാവിനെ എങ്ങനെ അറിയുന്നുവെന്ന് ആത്മസമേത ജ്ഞാനക്രിയ വിഷയമായിട്ട് അറിയുന്നു ആത്മസംവേദ ഞാൻ ക്രിയാവിഷയമായിട്ട് ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ കഴിയത്തില്ല അവിടെ കർമ്മകർത്തർ അതായത് ഈ അർവീതം എന്ന് മാത്രമല്ല ദർശനങ്ങളെല്ലാം എന്താണ് ഇതിന് അവരുടെ സിദ്ധാന്തങ്ങള് വിശദീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒന്നാണ് വാചോ യുക്തികൾ വാചവോയുക്തി എന്ന് പറഞ്ഞാൽ വെർബൽ ലോജിക്ക് എന്ന് പറയും അതിനൊരു ഒന്നാം ഉദാഹരണമാണ് മനസ്സിലായ ഈ വാക്കുകൾ പ്രയോഗിക്കുന്നതിന് വരുന്ന ഒരു ലോജിക്ക് ഒരു ഇപ്പോ രാമ ഗ്രാമം ഗച്ഛതി എന്ന് പറയുന്നിടത്ത് ഒരു യുക്തിയുണ്ട് ആ പ്രയോഗത്തിൽ എന്താണ് അവിടെ ഒരു കർത്താവുണ്ട് ഒരു ക്രിയയുണ്ട് ഒരു കർമ്മമുണ്ട് ഇത് രണ്ടും പേരെയായി അപ്പൊ ഈ വെർബൽ ലോജിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ സിദ്ധാന്തം വിശദീകരിക്കുന്നിടത്ത് അവിടെ ഇത് കാണിക്കണം ഏത് േ പിന്നെ നമ്മൾ ഈ സാധി എന്ന് പറഞ്ഞ മതപ്രഭാഷണം പോലെ വിളിച്ചു പറഞ്ഞു മണ്ടന്മാരുടെ മുമ്പ് ക്ഷൈൻ ചെയ്യാൻ പറ്റത്തില്ല നമ്മള് പറയുന്നതിനൊരു യുക്തി വേണം ആ വെർബൽ യുക്തി ഇവിടെ ഉണ്ടോന്നോ പരിശോധിക്കുന്നു അപ്പൊ അത് ശരിക്കും കഴിഞ്ഞാൽ ഈ ഒരു വാക്യത്തിൽ നിന്ന് അത് മനസ്സിലാക്കണം അങ്ങനെ ഗ്രാമം വെച്ചതി ഇതിനകത്തൊരു വെർബൽ ലോജിട്ടുണ്ട് എന്താണ് ഒരു കർത്താവ് ഒരു കറിയ കർമ്മ പഴയകാലത്ത് അഞ്ചാം ക്ലാസ്സിൽ മറ്റ് സ്കൂളിൽ പഠിച്ചാണ് രാമൻ പശുവിനെ അടിക്കുന്നു രാമൻ രാമണനെ കൊന്നു അവിടെയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഈ വെർബൽ ലോജിത്താണ് ഇതൊന്നും മാറ്റം വരാൻ പാടില്ല അങ്ങനെ മാറ്റം വന്ന നമുക്ക് ബോധം ഉണ്ടാകത്തില്ല രാമൻ കർത്താവാണ് പശു കർമ്മമാണ് അടിക്കുന്നത് കറിയയാണ് ചെറിയ പ്രായത്തിൽ നമ്മളെ പഠിപ്പിച്ചതൊക്കെ ഇത് തന്നെ എവിടെയും പറയുന്നു അപ്പൊ ഈ യുക്തികളെ നിലനിർത്തിക്കൊണ്ട് വേണം എന്തു പറയാൻ എന്തു പറയാ നിലനിർത്തി കൊണ്ടു വേണം എന്തു പറയേണ്ടത് നിങ്ങളുടെ സിദ്ധാന്തത്തെ വിശദീകരിക്ക ഒരുപാട് യുക്തികളുണ്ട് വ്യക്തികൾക്ക് എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ അതിന് പലതരത്തിലുള്ള ഫാലസികളൊന്നും പറയും യുക്തിഭംഗങ്ങൾ യുക്തി വിരുദ്ധതകളൊന്നും അത് വരാൻ പണ്ട് അത് പണ്ടും അങ്ങനെ തന്നെയാണ് അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യുക്തിഭദ്രമായ എന്നൊക്കെ പറയുന്ന അതാണ് എന്താ യുക്തിഭദ്രം ഇത്തരം ഇത്തരം യുക്തികളെ സിദ്ധാന്തത്തിൽ മനസിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് സിദ്ധാന്തത്തിലെ യുക്തികൾ ഉണ്ടായിരിക്കും സിദ്ധാന്തം പറയുന്നത് ആത്മസംവേദന വിഷയത്വം എന്ന് പറഞ്ഞാൽ ഈ ദോഷം കർമ്മകർത്തൃവിരോധം എന്നാണ് യുക്തി പറയുന്നത് കർമ്മവും കർത്താവും ഒരിടത്ത് വരാൻ പാടില്ല ഇതാണ് കർമ്മകർത്ത ഇവിടെ വേറെ ചോദ്യം ചോദിക്കാം ശരി ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കൂടുതൽ പക്ഷേ ആത്മാവിനെ അറിയുന്നു ഇല്ലേ ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അറിയുന്നു എന്ന് പറയുന്നവര് ഇവിടെ ഇപ്പം ചർച്ച ചെയ്യുന്ന പ്രത്യേകിച്ച് ബൗദ്ധന്മാർ അവര് സംവിജാനമാണ് വേറെ ആത്മാവ് അപ്പൊ വിജ്ഞാനത്തെ അറിയുന്നുണ്ട് പിന്നെ താർക്കികന്മാരുടെ വൈഭാഷികന്മാർ അവരും പറയും ആത്മാവിനെ അറിയുന്നുണ്ട് അങ്ങനെ അറിയുന്നു വന്നു കഴിഞ്ഞാൽ ഈ ദോഷം വരും ആത്മസംവേദ ജ്ഞാന വിഷയം ഈ ദോഷം ഇത് പരിഹരിക്കാൻ വേണ്ടി പിന്നെ ഒരു വഴിയുള്ള എന്താണ് ആ വഴി ആത്മാവിനെ അറിയുന്നുണ്ട് പക്ഷെ അറിയുന്നവനായ ആ ഞാൻ അത് വേറെയാണ് എന്ന് പറയേണ്ടത് അപ്പൊ കുഴപ്പമില്ല അറിയുന്നവനായിരിക്കുന്ന ഞാൻ വേറെയാണ് അതിലിരിക്കുന്ന ജ്ഞാനത്തിന് വിഷയമാണ് ആത്മാവ് മനസ്സിലായോ അറിയുന്നവനായ ഞാൻ പറയുന്നു അതിലിരിക്കുന്ന ജ്ഞാനത്തിന് വിഷയമാണെന്ത് കർത്താവും കർമ്മവും ഒന്നാവും ആവും എന്തുകൊണ്ടാകത്തില്ല ഏഷ്യത്തിൽ അറിയുന്ന വിഷയത്തിൽ നിന്നും വേറിട്ടൊന്നുണ്ട് അതാരാണ് അതാരാണ് അതാണ് അറിയുന്നവൻ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ അവിടെ ഒരു ചോദിക്കും ഒരു ചോദ്യം വരും ആ അറിയുന്നവനെ നിങ്ങൾ അറിയുന്നുണ്ടോ ഇല്ലയോ അങ്ങനെ വേറെ ഒരാളുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ആത്മാവിനെ അറിയുന്നവനായി വേറെ ആളുണ്ട് ആളിനെ ഞങ്ങൾ അറിയുന്നുണ്ടോ അറിയുന്നില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കട്ടെ അതിനെ അറിയുന്നില്ല അറിയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ എന്തു അതെന്തായാലും ആത്മാവല്ല ആണോ ആത്മാവാണെങ്കി അറിയണം കാരണം ഇവിടെ എന്താ പറഞ്ഞത് ഉ എന്നെ ഞാൻ അറിയുന്നു പറഞ്ഞു ഞാനാണ് ആത്മാവൻ എന്നെ അറിയുന്നത് ആരാണ് അറിയുന്നതെന്ന് ചോദിച്ചു പറഞ്ഞത് വേറൊരാളാണ് അല്ലേ ഞാൻ അറിയുന്ന ആത്മാവന് എന്നെ അറിയുന്ന വേറൊരാളുണ്ട് അയാളെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല ആൾ അതാരാണ് അറിയത്തില്ല അതറിയത്തില്ല എന്ന് പറഞ്ഞു പ്രശ്നമായിട്ട് അതിനറിയണ്ടേ അറിഞ്ഞണ്ടേ പറ്റും ഞാനാണ് ആത്മാവ് ആത്മാവിനെ അറിയുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് ആരാ അറിയുന്നത് അത് മറ്റേതോ ഒരാളോ അതാരാണെന്ന് അറിയാമോ അതറിയത്തില്ല എന്ന് പറഞ്ഞ അറിയുന്നവൻ ആരൊന്നും വന്നില്ലേ കിട്ട ഉത്തരം കിട്ടില്ലല്ലോ അറിയുന്നവനാരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല അപ്പൊ അറിയുന്നവനാരെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടണം അവൻ പറാം ഞാൻ ആത്മാവനറിയുന്നുണ്ട് റിയുന്ന ഞാൻ അറിയുന്നവര് വേറെ ഞാനുണ്ട് അയാൾ നിനക്കറിയാമോ അറിയാം അയാൾ നീ എങ്ങനെ അറിയുമോ അതിനെ അറിയുന്ന വേറെ ആത്മാവ് നിനക്കറിയാമോ അതിനെ അറിയാം എന്തുകൊണ്ട് അതിനറിയുന്ന വേറെ ആത്മാവാണ് അതിനെ അറിയുമോ അതിനെ അറിയാം അതിനറിയുന്ന വേറെ അനവസ്ഥാ ദോഷം അപ്പൊ ആത്മാവിനെ തീരുമാനിക്കാൻ പറ്റില്ല എന്താണ് പറയുന്നത് എനിക്ക് ആത്മാവിനെ അറിയും അറിയാം അതാണ് എന്റെ ആത്മാവിനെ അറിയും അറിവ് എന്താണ് ആത്മസംവേദ ജ്ഞാന വിഷയമാണ് അപ്പൊ അവിടെ മറ്റൊന്നിനെ ആത്മാവായി ചെയ്തിരിക്കണം വേറൊരു ആത്മാവിൽ ഇരിക്കുന്ന ജ്ഞാനത്തിന് വിഷയമാണ് ഈ ആത്മാവ് രണ്ടാത്മാവ് മനസിലായ കർമ്മഘടത്തൊരു ദോഷം ഒഴിവാക്കാൻ എന്ത് പറയണം ആത്മാവനെ ഞാൻ അറിയുന്നുണ്ട് ആരാ നീ ഞാൻ ഞാൻ നീ അറിയുന്ന ആത്മാവല്ല വേറൊരു ആത്മാവാണ് ആ ആത്മാവനെ അതിനൊക്കെ അറിയാം മൂന്ന് ചോദിച്ചു ചോദിച്ചാൽ അത് വേറെ ഒരു ഞാനുണ്ട് അവനെ ആ ഞാനിനെ നിനക്കറിയാം അറിയാം അത് മറ്റൊരു ഞാനാണ് ഇങ്ങനെ പോയാൽ ദോഷം വരും അങ്ങനെ ദോഷം വരും ഇങ്ങനെ ഇങ്ങനെ റെയിലോട്ട് പോകും അപ്പൊ ആത്മാവിനെ അറിയുന്നതാരെന്നുള്ള ചോദ്യത്തിൽ ഒരിക്കലും ഉത്തരം കിട്ടത്തില്ല എന്നാത്മാവിനെ അറിയുന്നു പറയേണ്ടി വരുന്നു അപ്പൊ ആത്മ സ്വവേദന വിഷയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നവനും അറിയുന്ന ആത്മാവും ഒന്നെന്ന് വന്നു കഴിഞ്ഞാൽ കർമ്മകർത്തരു ദോഷം വരും രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനവസ്ഥ ദോഷം വരും മനസ്സിലായു ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും റിയുന്ന ആത്മാവും അറിവിന് വിഷയമായിരിക്കുന്ന ആത്മാവും ഒന്നെന്ന് വന്നു കഴിഞ്ഞാൽ കർമ്മകടത്തിൽ ദോഷമാണ് അങ്ങനെ വരാൻ പാടില്ല രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ ആത്മാവിനെ നിനക്കറിയാമോ എന്ന് ഒരു ചോദ്യം വരും അറിയാം മൂന്നാമത്തെ ഒരു ആത്മാവെന്ന് പറയുന്നത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ആത്മാവ് ഏതാണ് തീരുമാനിക്കാൻ കഴിയാറ് ആത്മാവിനെ ഞാൻ അറിയുന്നു എന്ന് പറയുന്നതിന് അർത്ഥമില്ലാതെ പക്ഷെ ഇതൊക്കെ ഭ്രമമാണെന്ന് പറയുന്നെങ്കിൽ ആത്മാവിനെ അറിഞ്ഞേ തീരും അപ്പോൾ ആത്മസമയവേദജ്ഞാന വിഷയത്വം എന്ന് പറയുന്ന വൈശേഷികന്മാരുടെയോ ബൌദ്ധന്മാരുടെയൊക്കെ അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ ഇവിടെ അനവസ്ഥാ ദോഷം വരും കർമ്മകർത്തരദോഷം ഇതൊക്കെ അതാണ് പറയുന്നത് മനസിലായോ <coughs> മനസിലാവുന്നില്ല <coughs> <coughs> എല്ലാവരും അസ്വീകരിച്ച കേട്ട് കർമ്മവും കർത്താവും രണ്ടായിരുന്നു എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിച്ച കേട്ട് അതിനാണ് പറയുന്നത് ഒരു വാചക യുക്തിയാണ് എല്ലാ സിദ്ധാന്തികളും അംഗീകരിക്കും ലോകത്ത് അങ്ങനെ കാണും രാമനും ഗ്രാമവും ഒന്നാവും എല്ലാവരും അംഗീകരിക്കും നിങ്ങൾ ആ ഒരു സിദ്ധാന്തം വിശദീകരിച്ചാലും ോധമാകുന്നു അതായത് ഈ ദർശനങ്ങളൊക്കെ വരുമ്പോ ചില പൊതു മാനദണ്ഡങ്ങൾ സ്വീകരിക്കും എന്താ അതിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റും ഓരോരുത്തരും അവരവരുടെ വായിത്തു വിളിച്ചു പറഞ്ഞു അപ്പോ ഒരു തീരുമാനത്തിലെത്താൻ കഴിയും അതിനടുത്തു പറയുന്ന ആത്മാന്തര സമവായ അഭ്യുപകമേ ഏതാത്മാവിനെയാണോ അറിയുന്നത് അതിന് പിന്നിലുള്ള മറ്റൊരാത്മാവിലാണ് ഞാനിരിക്കുന്നതെന്ന് പറഞ്ഞു അതാണ് ആത്മാന്തര സമവായം ഏതാത്മാവിനെയാണോ അറിയുന്നത് അതിന് പിന്നിൽ വേറൊരാത്മാവാണ് ആത്മാവിലാണ് സമവായ സംബന്ധത്തിൽ ഇരിക്കുന്നെന്ത് മറ്റൊരാത്മാവിനിരിക്കുന്നു ആത്മാരെ സമവായം എന്ന് സ്വീകരിച്ചാൽ തോന്സ്യാത്മനോ അനാത്മത്വ പ്രസംഗം അങ്ങനെ ഞാൻ എന്താണ് വേറെ ആത്മാവിനാണ് ഞാനും ഇരിക്കുന്നത് ഞാനും ഇരിക്കുന്നത് വേറെ ആത്മാവ് പിന്നെ അറിയുന്നത് വേറൊരാത്മാവിന് അറിയുന്നത് ഒരാത്മാവിന് ഞാനും ഇരിക്കുന്നത് എവിടെ വേറെ ആത്മാനും ഇരിക്കുന്നതാണ് ആത്മാവ് ഈ അറിയുന്ന ആത്മാവല്ലെന്ന് കാരണം ഞാനെവിടെ ഇരിക്കുന്നത് ആത്മാവ് ഇവിടെ പറയുന്നു ആത്മാവിനെ അറിയുന്നുണ്ട് പക്ഷെ അല്ലല്ല ഞാനെ ഇരിക്കുന്നു ഇപ്പൊ രണ്ട് സ്ഥലത്ത് വരും ഒരിടത്ത് ഞാനെ ഇരിക്കുന്നു വേറൊരാത്മാവിനെ അറിയുന്നു അപ്പറിയുന്ന ആത്മാവ് ആത്മാവേ അല്ല എന്നുകൊണ്ട് അതിന് ഞാനും ഇല്ലാത്തത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പുസ്തകത്തെ അറിയും പുസ്തകത്തെ അറിയുമ്പോൾ ഞാനും ഇരിക്കുന്ന പുസ്തകത്തിലാണ് എവിടെയിരിക്കുന്നു ആത്മാവ് പുസ്തകം എന്ന് പറയുന്നത് എന്തായി ജ്ഞാന വിഷയം അപ്പൊ ജ്ഞാന വിഷയത്തിനുമായ പുസ്തകത്തിൽ നിന്നും ഭിന്നമായ ആത്മാവിലാണ് ഞാനേ ഇരിക്കുന്നത് അപ്പൊ പുസ്തകം എന്തായി അനാത്മാവായി ആത്മാവല്ല പുസ്തകം എന്ന് പറയുന്നത് അനാത്മാവ് കാരണം പുസ്തകത്തിലല്ല ഞാനേ ഇരിക്കുന്നു ഞാനോ ആ ജ്ഞാനത്തിന് വിഷയമാണിവിടെ പുസ്തകം പുസ്തകം അനാത്മാവാണ് ജ്ഞാന വിഷയത്വം വരുന്നത് എന്താവും അനാത്മാവാ ജ്ഞാനത്തിന്റെ ആശ്രയമായിരിക്കുന്ന എന്താവും ആത്മാവാണ് അതാണോ പറയുന്നത് ആത്മാന്തര സ്വായ അഭിമൂമി ജ്ഞാനം മറ്റൊരാത്മാവിൽ ഇരിക്കുന്നു എന്ന് സ്വീകരിച്ചാൽ ദേശീയാത്മനോ നമ്മളേതാത്മാവിനെയാണോ അറിയാമെന്ന് പറയുന്നത് അനാത്മത്വ പ്രസംഗം അതാണ് ആത്മാവ് മാത്രമല്ല തസ്യ തസ്യീതി അനവസ്ഥ അപ്പവിടെ വീണ്ടും ചോദിക്കും നിങ്ങൾ ഈ പറയുന്ന ഈ രണ്ടാമത്തെ ആത്മാവുണ്ടല്ലോ അതിനെ അറിയുന്നുണ്ടോ അറിയുന്നുണ്ടോ അറിയുന്നുണ്ടെങ്കിൽ ഞാനെവിടെയിരിക്കുന്നു മൂന്നാമത്തെ ആത്മാവ് ഇല്ലെങ്കിൽ കർമ്മകർത്തൃദോഷം വരും അവിടെ ഞാനേ ഇരിക്കുന്നു പറയാൻ പറ്റില്ല മൂന്നാമത്തെ ആത്മാവിനെന്തിരിക്കുന്നു ഞാനവിരിക്കുന്നു അപ്പൊ മൂന്നാമത്തെ ആത്മാവിലാണ് ഞാനെ ഇരിക്കുന്നതെങ്കിൽ ഈ അറിയുന്ന രണ്ടാമത്തെ ആത്മാവ് ആത്മാവല്ല എന്തുകൊണ്ട് ഞാനെ ഇരിക്കുന്നതേ ആത്മാവാ ഞാനെ ഇരിക്കുന്നതേ ആത്മാവാ അപ്പോ മൂന്നാമതൊരു ഞാനെ ഇരിക്കുന്ന ആത്മാവുണ്ട് അതിനെ ആത്മാവ് പറയേണ്ടി വരും അറിഞ്ഞ ആത്മാവ് ആത്മാവ് ഇനി ആ മൂന്നാമത്തെ ആത്മാവിനെടുക്കുക അതിനെ അറിയുന്നുണ്ടോ ഉണ്ട് അപ്പോൾ അറിയുന്ന ഞാൻ എവിടെയിരിക്കും നാലാമത്തെ ആത്മാവിന് എന്തുകൊണ്ട് മൂന്നാമത്തേ ഇരുന്നുകൂടാ മൂന്നാമത്തേ തന്നെ ഇന്നുകൊണ്ട് ഞാനെരുന്നൂട കർത്തൃകർമ്മ ഗ്രോകർമ്മ കർത്തൃകർമ്മ അല്ലീ ഒന്നാമത്തെ ഒരു പ്രശ്നം ഒന്നാമത്തെ ആത്മാവ് ഏത് ആത്മാവിനെയാണോ അറിയുന്നത് അതിലും ഞാനെ വരുന്നു കഴിഞ്ഞാൽ ജ്ഞാനത്തിനുവേണ്ടി രണ്ടാമത്തെ ആത്മാവിനെ കണ്ടുപിടിക്കുന്നു ഇപ്പൊ രണ്ടാമത്തെ ആത്മാവിൽ ജ്ഞാനവും ഒന്നാമത്തെ ആത്മാവിൽ ജ്ഞാന വിഷയത്വവും വരും അപ്പോൾ ഒന്നാമത്തെ ആത്മാവ് ജ്ഞാന വിഷയത്വമേ ഉള്ളൂ ജ്ഞാനമില്ലാത്തുള്ളത് ആത്മാവല്ല ആത്മാവാണെങ്കിൽ എന്ത് വേണം അതിൽ ജ്ഞാനം വേണം ഒന്നാമത്തെ ആത്മാവ് ജ്ഞാന വിഷയമാണ് അതിൽ ജ്ഞാനമില്ലാത്തുള്ളത് ആത്മാവല്ല രണ്ടാമത്തെ ആത്മാവിലാണ് ഞാനിരിക്കുന്നത് ആത്മാവ് ശരി ഈ രണ്ടാമത്തെ ആത്മാവ് ഞാനൊ വിഷയമാണോന്ന് വേണ്ടി തോന്നി ഞാന വിഷയമാണോ ഞാനവിടെ ഇരിക്കണം മൂന്നാമത്തെ ആത്മാവ് രണ്ടാമത്തത് അപ്പൊ ഞാനൊരു വിഷയമാവും പക്ഷെ അതിന് ഞാനും ഇല്ല അവര് ഞാനും ഇല്ലാത്തതുകൊണ്ട് എന്താവും ഞാൻ ആത്മാവാ ഇങ്ങനെ പ്രശ്നമാണ് മനസ്സിലായത് അതായത് ജ്ഞാനവും ജ്ഞാന വിഷയത്വവും ഒന്നിൽ വന്നാൽ കർമ്മകത്രം ദോഷം രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ജ്ഞാന വരുന്ന ആത്മാവ് ജ്ഞാനാശ്രയവും ജ്ഞാനവിഷയമാകുന്നതിനു വേണ്ടി അന്യ ഒരു ആത്മാവിനെ സ്വീകരിക്കേണ്ടി വരുന്നതാണ് അതാണ് തസ്യ തസ് അനുസരിച്ചത് അതുകൊണ്ടെന്താണ് സ്വസമവേത ജ്ഞാന വിഷയത്വം ആത്മസംവേതമായ ജ്ഞാന വിഷയത്വം ആത്മാവിൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാവരും കർമ്മകളത്തർ ദോഷം വരും അത് ഒഴിവാക്കിയാണ് കാലാവസ്ഥാ ദോഷം വരും ഇവരെയുള്ള പ്രശ്നം ഇനി ഒരു മൂന്നാമത്തെ പക്ഷമാണ് അടുത്തു പറയുന്നത് ജ്ഞാനം ക്ഷേത്രം ആത്മാവ് ജ്ഞാനത്തിന് വിഷയമാണ് അതുകൊണ്ട് ജ്ഞാനത്തില് ആശ്രയമായിരുന്നു ഇതായിട്ട പക്ഷമാണ് മാരുടെ പക്ഷടുത്ത് ചർച്ച ചെയ്യുന്നു പ്രാഭാകരന്മാര് എന്താണ് ഇപ്പൊ പുസ്തകത്തെ അറിയുന്നത് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പുസ്തകം രണ്ട് പുസ്തക മൂന്ന് പുസ്തകത്തെ റിയുന്നവൻ മൂന്ന് കാര്യം ഒന്ന് പുസ്തകം മറ്റൊന്ന് പുസ്തക ജ്ഞാനം മറ്റൊന്ന് പുസ്തകത്തെ അറിയുന്നവനാണ് ഞാൻ ആശ്രയം എന്ന് പറയുന്നത് അറിയുന്നവനാണ് അവർ പറയുന്നത് എന്ത് ഞാൻ ആശ്രയം അറിയുന്നവൻ അറിവ് അറിയുന്ന ഇതിന് അവർ കൊടുക്കുന്ന പേരെന്താണ് തൃപ്പുടി ഇതിനവര് തൃപുടി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് അല്പസ്വല്പം മാറ്റം വരുത്തിയ മാറ്റിയത് അദ്വൈതീടെ കയ്യിരിക്കുന്ന മുഴുവൻ അടിച്ചു മാറ്റുന്നത് അവരല്പ സ്വല്പം മാറ്റം വരുത്തി ഒറിജിനലൊന്നും അവരതില റിയുന്നവൻ അറിയുന്ന വിഷയം അറിവ് ഇതാണ് തൊഴിൽ അതിന് അറിവിന്റെ ആശ്രയം ആയിട്ട് ഞാനിപ്പോൾ ഈ പുസ്തകത്തെ അറിയുമ്പോൾ എന്തായാലും പുസ്തകത്തെ അറിയുന്നുണ്ട് അപ്പോ പുസ്തകത്തെ അറിയുമ്പോൾ പുസ്തകം അറിവിന് വിഷയമാണ് ഈ അറിവെന്ന് പറയുന്നത് സ്വയം പ്രകാശമാണ് അറിവെന്ന് പറയുന്നത് സ്വയം പ്രകാശമാണ് കാരണം നിങ്ങൾക്ക് അറിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്ങനെ സംശയം ഉണ്ടാവാറുണ്ടോ ഞാൻ പുസ്തകത്തെ അറിയുന്നു എനിക്ക് പുസ്തകം ഞാനോ ഉണ്ടാകുമ്പോൾ ആർക്കെങ്ങനെ സംശയമുണ്ടോ എനിക്ക് ജ്ഞാനം ഉണ്ടോ ഇന്ത്യ അപ്പൊ അറിവ് സ്വയം പ്രകാശമാണ് പിന്നെ ഞാൻ അറിയുന്നവനാണ് ഈ കാര്യത്തിൽ ആൾക്കാർ സംശയമുണ്ടോ അപ്പോ അറിവിന്റെ ആശ്രയമായിട്ട് അറിയുന്നവനായ ഞാൻ ആത്മാവാണ് ആത്മാവിനെയും അറിയുന്നു ആശ്രയമായിട്ട് അപ്പോ എപ്പോഴാണോ അറിവുണ്ടാകുന്നത് അവിടെ എല്ലാം എന്ന് പറയുന്നു അറിയുന്നവനാകുന്ന ആത്മാവിന്റെ അനുഭവം എല്ലാവർക്കും ഉണ്ട് അത് അറിവിന്റെ ആശ്രയമായിട്ടാണ് അറിയുന്നത് ആത്മജ്ഞാനം എല്ലാവർക്കും അവർ ബ്രഹ്മത്തെ അംഗീകരിക്കുന്നുമില്ല ബ്രഹ്മം എന്ന് പറയുന്ന ഒരു ജ്ഞാനം ഇല്ല പിന്നെ ആത്മജ്ഞാനം എല്ലാവർക്കും എപ്പോഴും അറിവിന്റെ ആശ്രയവുമായി അറിയുന്നവനെന്ന് പറയുന്ന അത് തന്നെയാണ് ആത്മാവ് അവരോട് സിമ്പിളായിട്ടാ അറിയുന്നു അവിര് പറയുന്നത് എന്താണ് അവർ പറയുന്ന ഒരു കാര്യം ദീപത്തെ കാണും വെളിച്ചത്തെ കാണുന്നതിന് വേറൊരു വെളിച്ചത്തിന്റെ സഹായം വേണം ഇരട്ടത്തിരിക്കുന്ന പുസ്തകത്തെ കാണുന്നതിനും വെളിച്ചത്തിന്റെ സഹായം ആവശ്യമാണ് പക്ഷെ ആ വെളിച്ചത്തെ കാണുന്നതിന് വേറൊരു വെളിച്ചത്തിന്റെ ആവശ്യം ഇല്ല അന്നു പറയുന്നത് സ്വസജാതീയപര അനപേക്ഷത്വം വെളിച്ചത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് സ്വസജാതീയമായ ആ വെളിച്ചത്തിന്റെ അതേ ജാതിയിലുള്ള പര മറ്റൊരു വെളിച്ചം അതിന്റെ ആവശ്യമില്ല വെളിച്ചത്തെ കാണുക അതാണ് സ്വസജാതീയ പര അനപേക്ഷത്വം സ്വെന്ന് പറയുന്നുണ്ട് എടുക്കും സ്വസജാതീയമായ പരവെന്ന് പറയുന്ന എന്താന്ന് അതിന്റെ അപേക്ഷയുണ്ടാ വെളിച്ചത്തേക്കാണ് നിങ്ങള് പറയും കണ്ണ് വേണം മനസ്സ് വേണം എന്നൊക്കെ പറയാം അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് സ്വസജാതീയ പരവ് അതേ ജാതിയിൽപ്പെട്ട മറ്റൊന്നിന്റെ ആവശ്യം ഉണ്ടജാതീയമായ മറ്റൊന്നിന്റെ ആവശ്യം ഇല്ല അപ്പോ എങ്ങനെയാണോ അതാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്തു പറയുന്നത് സ്വയം പഠിച്ച സ്വയം പ്രകാശം അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ പുസ്തകത്തെ അറിയുന്നു ഈ അറിവിനെ നോക്കുക ഈ അറിവും സ്വസജാതീയമായ മറ്റൊരറിവിനെ ആശ്രയിക്കുന്നില്ല ഉണ്ടോ ഞാൻ പുസ്തകത്തെ അറിയുന്നു അപ്പൊ അറിവ് അങ്ങനെയാണോ സ്വസജാതീയമായ മറ്റൊന്നിനെ ആശ്രയിക്കാത്തോന്നാണ് അറിവ് ആ അറിവിന്റെ ആശ്രയത്തിനാണ് എന്തു പറയുന്നത് ആത്മാവ് അപ്പൊ ഞാൻ പുസ്തകം അറിയുന്നു എന്ന് പറയുന്നിടത്ത് നമുക്ക് ആത്മാവ് അവിടെ അനുഭവപ്പെടുന്നുണ്ട് അറിവ് അനുഭവപ്പെടുന്നുണ്ട് പുസ്തകവും അനുഭവപ്പെടുന്നുണ്ട് മൂന്നുമുണ്ട് മനസ്സിലായോ അത് അവര് വേറെ പറഞ്ഞു കഴിഞ്ഞാല് തർക്കികന്മാര് പറയുന്നത് ഈ പുസ്തകത്തിന്റെ അറിവുണ്ടാവുമ്പോ നൈയായികന്മാരും പുസ്തകത്തിന്റെ അറിവുണ്ടാവുമ്പോ അതുകൊണ്ട് ആത്മാവും മനസ്സും തമ്മിൽ സംയോഗം വരുന്നു സംബന്ധം വരുന്നു എന്നാല് ആത്മാവിന് പുസ്തകജ്ഞാനം ഉണ്ടാവും ആത്മാവിന് സമവായ സംബന്ധത്തിൽ പുസ്തകജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ആത്മാവും മനസ്സും തമ്മിൽ സമയവും അപ്പൊ ആത്മാവും മനസ്സും തമ്മിൽ സമയവും ഉണ്ടാകുമ്പോ പ്രസവം ഞാനും ഉണ്ടാകുന്നുണ്ടല്ലോ ആത്മാ മനോസമയവും കൊണ്ടാവുള്ള പ്രസവത്തിന്റെ ഞാനും ഉണ്ടാകുന്നു ആത്മാവ് മനോ മനസ്സുമായിട്ട് സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പൊ ആത്മാവിന്റെ ജ്ഞാനവും ഉണ്ടാകുന്നു ആത്മാവും മനസ്സും നമ്മളുടെ സമീപം കൊണ്ടെന്ത് വരുന്നുണ്ടാവും ഞാന പുസ്തകം ഞാനും അങ്ങനെ ആത്മാവും മനസ്സിലുള്ള സമീപം കൊണ്ട് വരാം അപ്പം ഞാനും ഇതാണ് അവര് പറയുന്നത് അതുകൊണ്ട് അവര് പറയുന്നതാണ് എന്ത് അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായത് ശരി അവിടെയെല്ലാം ആത്മഭാനം ഉണ്ട് എങ്ങനെ ഇതാണ് ആത്മാവാന് നമ്മുടെ ഉള്ളിൽ എന്തറിവുണ്ടായാലും ഞാൻ എന്നറിയുന്ന എന്തോ അതാണ് നമ്മളെ സിമ്പിളായിട്ടാണ് ഇതാണ് ആത്മാവെന്ന് പറയുന്നത് ആത്മാവിനെ അവരംഗീകരിക്കുന്നുണ്ട് അത് ഇനിയും അംഗീകരിക്കുന്നുണ്ട് പ്രഭാകരൻ മീമാംസവനാണ് അവർക്കും ആത്മാവിനെ അംഗീകരിച്ചു പറ്റും എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ആത്മാവുണ്ടെങ്കിലേ സ്വർഗത്ത് പോകാൻ പറ്റും യാഗം ചെയ്യുന്ന യാഗം ചെയ്യുന്ന എന്തു ചെയ്യും മരിച്ചു പോകും മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്തുവേണം ഈ ആത്മാവെന്ന് പറയുന്ന തട്ടിപ്പുണ്ടാക്കിയത് മീമാംസകനാണ് മൊത്തം തട്ടിപ്പാണ് അവരെന്ത് പറഞ്ഞു യാഗം ചെയ്ത സ്വർഗ്ഗത്ത് പോവാം പക്ഷേ അപ്പൊ യാഗത്തിന് കാശ് മുടക്കിയാൾ യോജിച്ച് അതങ്ങനെ യാഗം ചെയ്ത് ചത്തുപോയല്ലോ ഇല്ലാരും സ്വർഗത്ത് പോയില്ലല്ലോ അപ്പൊ അവരെന്തു പറയും പേടിക്കണ്ട മരിച്ചതിന് ശേഷം അവിടെ സ്വർഗത്തും അപ്പ ചോദിച്ച ആര് പോകും ചോദിച്ചു ആ മരിച്ചു ഇനി ആരാ പോകുന്നത് അപ്പൊ മീമാംസരെ കണ്ട് പിടിച്ച തട്ടിപ്പാണെന്തത് ആത്മാവ് ഈ മീമാംസകരുടെ ഈ ആത്മാവ് പറയുന്ന തട്ടിപ്പിൽ നിന്നാണ് പിന്നെ ഈ പറയുന്ന ഈ എല്ലാ ആത്മാവും ഉണ്ടായത് മനസ്സിനെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഞാൻ ഇത് ഇത് ഉത്ഭവിച്ചത് ഇങ്ങനെയാണ് ഈ ആത്മാവെന്ന് പറയുന്ന ഈ സംഗതിയുടെ ഉത്ഭവം ഇങ്ങനെയാണ് യാഗം ചെയ്യുന്നവൻ മരിച്ചു പോയാൽ ആര് സ്വർഗത്ത് പോകുന്നു ചോദിച്ചു ടോം പറഞ്ഞെന്താണ് മരിച്ചാലും മരിക്കാത്തൊരു സാധനമുണ്ട് അവൻ പോകും അതെന്താണ് അതാണ് ആത്മാവ് അതുകൊണ്ട് നീ എന്തു ചെയ്യണം നിന്റെ ഉള്ള എല്ലാം എനിക്ക് എല്ലാം എനിക്ക് ദാനം ചെയ്തിട്ട് നീ എന്തു ചെയ്യണം യാഗം ചെയ്യുക ദക്ഷിണയായിട്ടെന്താ അവരു സ്വർഗ്ഗത്ത് പോകുന്നതിനുള്ള പണി ഞാൻ ഇവിടെ ഒപ്പിച്ചു തരാം ഇത് ഇന്നും നിങ്ങളെ ആൾക്കാരെ പറ്റിയിരുന്നു ഉള്ള പൂജയും മന്ത്രവും തരുകിടകളെല്ലാം കാണിച്ചു പൈസ ഉണ്ടാക്കുന്നു പണ്ട് മീമാസം തുടങ്ങി വെച്ച ആണോ അല്ലേ എന്താ അമ്പഴങ്ങൾ ഒഴിഞ്ഞതുപോലെ ബുദ്ധിയുള്ളവൻ ബുദ്ധി ഇല്ലാത്തവനെ പറ്റിച്ചാണ് ഇതൊക്കെ ഉണ്ട് ഫ്ലാസ്ക് ഉണ്ട് കപ്പുണ്ട് വെള്ളമുണ്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു ആത്മാവ് ഈ ആത്മാവ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാ ഞാൻ പറഞ്ഞു അതല്ലെങ്കി അല്ലെന്നാരെങ്കിലും പഠിപ്പുള്ള ആരെങ്കിലും പറയട്ടെ ഇതൊക്കെ പഠിച്ചിട്ടുള്ള ഒരാൾ പറയട്ടെ അങ്ങനെ അല്ല ഇതൊക്കെ പഠിച്ചിട്ടുള്ളവർ പറയും അല്ലാതെ പറയും ഇപ്പൊ പഠിച്ചിട്ടുള്ള ഒരാൾ പറയട്ടെ ഇങ്ങനെ എന്റെ